ാരൂപേണാവയ ശുഭാംഗിരം പാർത്ഥയാർത്തിഹരോ ദിവ കൃപാമൂർത്തി സപാത്തനഃ ഹരി ഓർമ്മം എന്നുവച്ചാൽ എന്താണ് ധർമ്മം രണ്ടു വിഷയമാണുള്ളത് ഒന്ന് ജ്ഞാനം ഒന്ന് ധർമ്മം ഭാഗവതത്തില് പ്രഹ്ലാദനൻ നാരദ മഹർഷി ഇത് രണ്ടും ഉപദേശിച്ചു കൊടുത്തു എന്ന് പ്രഹ്ലാദൻ പറയണു അമ്മയുടെ വയറ്റിലിരിക്കുമ്പോ ഗർഭത്തിലിരിക്കുമ്പോ തന്നെ ധർമ്മസ്യ തത്വം ജ്ഞാനം ചെ ധർമ്മസ്യ തത്വം ജ്ഞാനം ചെ ധർമ്മത്തിന്റെ തത്വവും ജ്ഞാനവും നാരദൻ എനിക്ക് ഉപദേശിച്ചു തന്നു എന്ന് പ്രഹ്ലാദൻ പറയുണ്ട് അപ്പൊ ധർമ്മം ജ്ഞാനം ഇത് രണ്ട് വശം പോലെയാണ് അധ്യാത്മികത്തിന്റെ ഏത് അധ്യാത്മികത്തിൽ ജ്ഞാനം ഇല്ലാതെ ധർമ്മം മാത്രമുണ്ടോ ആ ധർമ്മത്തിന് കൈതവധർമ്മം എന്നു പേര് അതിൽ കാപട്യം ഉണ്ടാവും കളങ്കം ഉണ്ടാവും അതാണ് ഭാഗവതത്തിൽ ധർമ്മ പ്രോജിത കൈതവ എന്ന് പറയുന്നത് ഒരു കാപട്യവും കളങ്കവും ഇല്ലാത്ത ധർമ്മം ഇവിടെ പറയാൻ പോകുന്നു എന്ന് ഭാഗവതം പറയും ധർമ്മത്തിൽ ജ്ഞാനമില്ലെങ്കിൽ അത് അതിൽ കളങ്കമുണ്ടാവും കാമനകളുണ്ടാവും ആഗ്രഹങ്ങളുണ്ടാവും അതേപോലെ ജ്ഞാനത്തിൽ ധർമ്മമില്ലെങ്കിൽ ആ ജ്ഞാനം വെറും പരോക്ഷജ്ഞാനമായി ബുദ്ധിവ്യാപാരമായി ഇരിക്കും ചിലപ്പോ അത്തരം ജ്ഞാനികൾ അസുരന്മാരായിട്ട് പോലും മാറാം ധർമ്മമില്ലെങ്കിൽ ഹിരണ്യകശ്യുവും മറ്റുമൊക്കെ ജ്ഞാനികളാണ് അവർക്കൊക്കെ നമ്മൾ പറയുന്ന അധ്യാത്മ തത്വമൊക്കെ അറിയാം പക്ഷെ അവരിൽ ധർമ്മമില്ല ഭാഗവതധർമ്മം ഇല്ല അപ്പൊ ധർമ്മത്തോടു കൂടെ ജ്ഞാനം ചേരുമ്പോഴാണ് ജ്ഞാനം അതിന് ഭാഗവതധർമ്മമാവുന്നത് അധ്യാത്മം ആവുന്നത് അല്ലെങ്കിൽ ധർമ്മം മാത്രമോ ജ്ഞാനം മാത്രമോ ആണെങ്കിൽ സമ്പൂർണമായ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവില്ല അപ്പൊ ധർമ്മം എന്താണ് ജ്ഞാനം ഉള്ള ഒരാൾക്ക് ജ്ഞാനം എപ്പോ ആത്മാനുഭൂതിയായിട്ട് തീരുന്നു വാസ്തവത്തിൽ ഭഗവത് അനുഭവമായിട്ട് തീരുമ്പോ അയാളുടെ ചര്യയ്ക്ക് പേരാണ് ധർമ്മം ഹരി സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്തീശ്വര നാരദ മഹർഷി അതാണ് ധർമ്മം ഉപദേശിക്കുന്നത് പ്രഹ്ലാദന് അത് പറഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് കിടക്കാൻ ഇനിയുള്ള ശ്ലോകങ്ങളിലേക്ക് പ്രഹ്ലാദൻ പറഞ്ഞു എനിക്ക് ധർമ്മവും ജ്ഞാനവും ഉപദേശിച്ചു തന്നു എന്താണ് ജ്ഞാനം എന്താണ് ധർമ്മം ജ്ഞാനത്തിനെ ആന്തരികമായിട്ടും ധർമ്മത്തിനെ ബാഹ്യമായിട്ടും പ്രഹ്ലാദൻ പറയേണ്ടത് ശരീരം ജന്മാ ഷടിമേ ഭാവാഹ ദൃഷ്ടേഹസ്യേന ആത്മന ഈ ശരീരത്തിന് ആറ് വികാരങ്ങളുണ്ട് ഇത് നാരദന്റെ ഉപദേശമാണ് പ്രഹ്ലാദന് നിങ്ങൾക്ക് നേരെ പറഞ്ഞുകൊണ്ട് പോവാം പക്ഷെ നിങ്ങൾക്ക് പ്രഹ്ലാദൻ നാരദൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ച് ആ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ കഥകളിലൂടെ പറഞ്ഞു വരുന്നത് ജനിക്കുക ഗർഭത്തിലുണ്ടാവുക പുറത്ത് ജനിക്കുക വളരുക പരിണമിക്കുക ക്ഷയിക്കുക നശിക്കുക എന്നുള്ള ആറ് വികാരങ്ങൾ ദേഹത്തിനുണ്ട് ഷടിമേ ഭാവാഹ ആത്മനാഹ നാരദ മഹർഷിയുടെ ഉപദേശമാണ് ഇത് ദേഹത്തിന് മാത്രം ഉള്ളതാണ് ആത്മാവിനും ഉള്ളതല്ല നാരദൻ ആർക്കാ ഉപദേശിച്ചത് പ്രഹ്ലാദനല്ല ഉപദേശിച്ചത് ഉപദേശിച്ചത് പ്രഹ്ലാദന്റെ അമ്മയ്ക്കാണ് ഗർഭത്തിൽ ശിശുവിനെ വെച്ചുകൊണ്ടിരിക്കുമ്പോ പ്രഹ്ലാദന്റെ അമ്മയ്ക്കാണ് ഉപദേശിച്ചത് പക്ഷെ ഉപദേശം ഗർഭത്തിലിരിക്കുമ്പോ തന്നെ പ്രഹ്ലാദന് കിട്ടി എന്ന് പ്രഹ്ലാദൻ പറയണം അപ്പൊ അത് വാചികമല്ല ഉപദേശം വാചികമാണെങ്കിൽ മനസ്സിലാക്കാൻ ഭാഷയെറിയുവോ ഗർഭത്തിലുള്ള കുട്ടിക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ ബുദ്ധി ഡെവലപ്പായിട്ടില്ല ഭാഷ മനസ്സിലാക്കാനുള്ള ശക്തി ഇല്ല അപ്പോ പറയുന്ന ആള് ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് പറയുമ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ ചിത് ശക്തി സ്ഫോടം ധ്വനി എന്നൊക്കെ പറഞ്ഞുവല്ലോ അത് കയാതുറങ്ങിപ്പോയി കേട്ടുകൊണ്ടിരിക്കുന്ന കയാതു ഉറങ്ങിപ്പോയിട്ടും കൂടെ ഗർഭത്തിലുള്ള ശിശുവിന് അജ്ഞാനത്തിന് നീക്കി ജ്ഞാനം ഉണ്ടാക്കി ആവരണം നീക്കി ജ്ഞാനാനുഭവം ഉണ്ടാക്കി അതിൽ രണ്ടു കാര്യമാണ് പറഞ്ഞു കൊടുത്തത് ഒന്ന് ശരീരം വേറെ ഞാൻ വേറെ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളിലും മാറാതിരിക്കുന്ന വസ്തുവാണ് ആത്മാ ഇതൊക്കെ ഗീത പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം ഭാഗവതം പറയുമ്പോ സാധാരണ ഇതൊന്നും പറയില്ല പ്രഹ്ലാദന് നാരദ മഹർഷി വൈകുണ്ഠമൊക്കെ ഉപദേശിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും നാരായണനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും നമ്മൾ വിചാരിക്കും നാരദൻ എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും കുട്ടിക്ക് ഗർഭത്തിലിരിക്കുമ്പോ നാമസങ്കീർത്തനം ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കും നമ്മള് ദേഹം ആറു വികാരങ്ങളോടുകൂടി അതാണെന്നും ഉള്ളിലുള്ള ബോധത്തിന് പന്ത്രണ്ട് സ്വരൂപലക്ഷണങ്ങളെ പറഞ്ഞുകൊടുത്താണ് നാരദൻ ഭാഗവതത്തിൽ പ്രഹ്ലാദിനെ ബോധിപ്പിക്കണത് ആറ് വികാരങ്ങൾ കൊണ്ട് ജഡത്തിനെ നീക്കുകയും പന്ത്രണ്ട് സ്വരൂപലക്ഷണങ്ങൾ കൊണ്ട് ആത്മാവിനെ ഉണർത്തുകയും ചെയ്ത് ജാഗ്രത്ത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളും ബുദ്ധിക്കാണെന്നും അത് നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇല്ലെന്നും ബോധിപ്പിച്ച് ബുദ്ധേഹെ ജാഗരണം സ്വപ്ന സുഷുക്തിരീതി വൃത്തയാ ഇതൊക്കെ ഭാഗവതത്തിലുള്ളതാണ് പ്രഹ്ലാദോപദേശമാണ് അത്രയും പറഞ്ഞുകൊടുത്ത് പ്രഹ്ലാദൻ ജ്ഞാനിയായി ഈ ഉപദേശം ഇപ്പൊ പറയണ കാര്യം നിങ്ങൾ പക്വമാണെങ്കിൽ കൽപ്പൂരം ഉണ്ടല്ലോ കൽപ്പൂരം തീ കൊടുത്തുമ്പോഴേക്കും പിടിക്കും വിറകാവുമ്പോ കുറച്ചു നേരം കഴിഞ്ഞാൽ പിടിക്കും വാഴ ഉണ്ണിത്തണ്ടാണെങ്കിൽ ചിലപ്പോ പിടിക്കേയില്ല അതുകൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ നമ്മളെയൊക്കെ കാണും നന്നായിട്ട് മനസ്സിലാക്കും ചെറിയ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയ്ക്ക് മനസ്സിലാക്കാവിൽ ചെറിയ വലുതാവും തോറും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ അവരെന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കും ചെറിയ കുട്ടികൾ ചിലപ്പോ എളുപ്പത്തിൽ മനസ്സിലാക്കും വലിയവരെക്കാളും നന്നായിട്ട് മനസ്സിലാക്കും ഇതിന് വലിയ ബുദ്ധിശക്തിയോ ഒന്നും ആവശ്യമില്ല ചിത്തശുദ്ധിയോ ഉണ്ടായാൽ മതി ശുദ്ധചിത്തമാണെങ്കിൽ എളുപ്പത്തിൽ പിടികിട്ടും അപ്പൊ പ്രഹ്ലാദന് നാരദ മഹർഷി ഉപദേശിക്കുമ്പോ തന്നെ ഉണ്ടായി അപ്പൊ ഇനി ലോകത്തിൽ എങ്ങനെ വ്യവഹരിക്കണം ഈ അനുഭൂതിയെ വ്യവഹാരത്തിൽ കൊണ്ടുവരാനായി ഭാഗവതധർമ്മത്തിനെ പറഞ്ഞുകൊടുത്തു നാരദൻ എന്താണ് ഭാഗവതധർമ്മം എന്ന് വെച്ചാൽ ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്തീശ്വരാ നീ ഏതൊരു ഹരിയെ ഉള്ളിൽ കണ്ടുവോ ഏതൊരു ഹരിയെ ഹൃദയത്തിൽ അനുഭവിച്ചുവോ ആ ഹരി സകലപ്രാണികളിലും സകല ജീവികളിലും ഹൃദയത്തിലിരിക്കുന്നു ബ്രാഹ്മണേ പുൽകസേ സ്തേനേ ബ്രഹ്മണി അർക്കേ സ്ഫുലിംഗകെ അക്രൂരേ ക്രൂരകേ ചേയ്ക്ക് സമദൃക് പണ്ഡിതോ മത പ്രണമേത് ദവത്ഭൂമോ ആശ്വചാണ്ടാള ഗോഖരം ഇതൊക്കെയാണ് ഭാഗവതധർമ്മം ബ്രാഹ്മണനിലും ചണ്ടാളനും കള്ളനിലും കഴുതയിലും നായിലും സകല പ്രാണികളിലും ഹരിയിരിക്കുന്നു എന്ന് കാണുക എനിക്ക് കാണാൻ പറ്റണില്ലല്ലോ കാണാൻ പറ്റണില്ലെങ്കിൽ ഒരു സാധനം പറഞ്ഞു തരാം അത് കാണാനായിക്കൊണ്ട് വീണ് നമസ്കരിക്കുക എന്നാണ് എല്ലാത്തിലും ഹരി ഉണ്ട് എന്ന് ഓർത്തുകൊണ്ട് നമസ്കരിക്കുക പ്രണമേത് ദവത് ഭൂമൗ ആശ്വചാണ്ടാള ഇത് ഭാഗവതധർമ്മം വ്യവഹാരത്തിന് ഭാഗവതധർമ്മം വ്യവഹാരത്തിന് ഭാഗവതധർമ്മത്തിന്റെ കൂട്ടില്ലാതെ മേക്ക് ചിലപ്പോ ഞാൻ ബ്രഹ്മമാണോ ആത്മാവാണെന്നൊക്കെ അറിഞ്ഞാലും ചിലപ്പോ അഹങ്കാരിയായി പോവും ശരീരാഭിമാനം പോവാത്ത ആള് ശരീരമാണ് ഞാൻ എന്ന് ഞാൻ ആത്മാവാണ് ബാക്കിയുള്ളവരൊന്നും ആത്മാവോ ബ്രഹ്മമോ ഒന്നും ഞാൻ മാത്രം രാമകൃഷ്ണ പരമഹംസരുടെ ഒരു അമ്മാവനുണ്ടായിരുന്നു രാംലാൽ മറ്റോ ആണ് പേര് അദ്ദേഹത്തിന് ശ്രീരാമകൃഷ്ണ പരമവംസരെ എല്ലാരും നമസ്കരിക്കുന്നതും ആദരിക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടമല്ല അദ്ദേഹം പറയും ഇവ സ്കൂളിൽ പോ പാഠ പാഠശാലയിൽ പഠിക്കേണ്ട കാലത്ത് ഒരു ചുക്കും പഠിച്ചിട്ടില്ല ഇപ്പൊ കാളികോവില് പൂജയും ചെയ്യാതെ നടന്ന് എന്തൊക്കെയോ ഭ്രാന്ത് കാണിച്ച് ഇയാളുടെ പുറകെ ആളുകൾ കൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞ് ആദ്യമൊക്കെ കളിയാക്കിയിരുന്നു പിന്നെ കൊറേ കുറെ കുറെ കഴിയുമ്പോ രാമകൃഷ്ണ പരമവംസരുടെ മഹിമയൊക്കെ കൊറച്ച് അറിഞ്ഞു തുടങ്ങിയപ്പോ അല്പം ബഹുമാനിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോഴൊക്കെ പക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയും അയാൾക്ക് രണ്ട് കാര്യം കൈ കിട്ടിക്കഴിഞ്ഞാൽ മത്തുപിടിക്കും അത്രേ അഹങ്കാരം വന്നു പോകുന്നതാണ് എന്താന്ന് വെച്ചാൽ അധ്യാത്മരാമായണം അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം സംസ്കൃതത്തില് അത് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ പൊടിയും ഇടും പൊടി ഇട്ടുകഴിഞ്ഞാൽ ഞാൻ മാത്രം ബ്രഹ്മം പിന്നെ ബാക്കിയുള്ളവരൊന്നും ബ്രഹ്മമല്ലെന്നാണ് ശരീരാഭിമാനമുള്ള ഒരാൾക്ക് ജ്ഞാനോപദേശം ചിലപ്പോ തെറ്റായ കേന്ദ്രത്തിൽ തെറ്റായ ഒരു സെന്ററിൽ ഒരു നെഗറ്റീവ് സെന്ററിൽ ചിലപ്പോ സ്പർശിച്ചാൽ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം അതിനാണ് ജ്ഞാനത്തിനോട് ചേർത്തി ഭാഗവതധർമ്മത്തിനെയും ഉപദേശിച്ചു കൊടുക്കുന്നത് അകമേക്ക് ജ്ഞാനവും വ്യവഹാരത്തിൽ ഉള്ളിൽ കണ്ട ആത്മാ തന്നെ ശരീര ഭഗവാനാവും അതാണ് ജ്ഞാനിയിൽ എപ്പോഴും ഭക്തി കൂടി ചേർന്ന് കാണുന്നത് ഉള്ളിൽ ആത്മാവിനെ കണ്ട ജ്ഞാനിക്ക് ആ ആത്മാ തന്നെ ദേഹതലത്തിലേക്ക് വരുമ്പോൾ ഭഗവാനായി മാറും ദേഹതലത്തിൽ വന്നിട്ടാണല്ലോ വ്യവഹാരം ചെയ്യണത് ലോകത്തില് പക്ഷെ താൻ അനുഭവിച്ച സത്യം ഓർമ്മയുണ്ട് ഇപ്പൊ താൻ എന്നൊരു കൽപ്പനം ഉണ്ട് ഈ കൽപ്പന സുന്ദരമാണെന്നാണ് ഒരു പരമദ്വൈതി അദ്ദേഹം പറഞ്ഞു ദ്വൈതം മഹാദുഖകാരകമാണ് അദ്വൈതമാണ് സുഖം പക്ഷെ അദ്വൈതജ്ഞാനം ഉണ്ടായ ശേഷം പിന്നെ ഒരു ദ്വൈതത്തിലേക്ക് വരും എന്താ ദ്വൈതം എന്ന് വെച്ചാൽ അറിഞ്ഞ ശേഷം ഒരു കാൽപ്പനികമായ ഒരു ജീവഭാവത്തോടു കൂടെ ലോകത്തിൽ ഇറങ്ങി വന്ന് വ്യവഹരിക്കുമ്പോൾ ഭക്തർത്ഥം കൽപ്പിതം ദ്വൈതം അദ്വൈതാദപി സുന്ദരം ഭക്തിയെ ആസ്വദിക്കാനായിട്ട് ഒരു കല്പിച്ച ദ്വൈതം അങ് ഞാനും തന്നെയാണ് യാഥാർത്ഥ്യ മമനവിഭോ വസ്തുതോ ബന്ധമോക്ഷവും ൂഭ്യം തവതു വിരച്ചൗ സ്വപ്ന ബോധോപമൗതു ബദ്ധേ ജീവദ്വിമുക്തി ഭിതാ താവത്തി താവദദ്രുമസ്ഥ വിഷയഫലരസാ നാ നിത്മാത്വന്മയേവമമ വിഭോ വസ്തു ബന്ധമോക്ഷോ ബട്ടതിരി ഭാഗവത സംഗ്രഹം ഏകാദശ സംഗ്രഹം ചെയ്യാണ് അപ്പൊ നാരായണീയത്തിൽ പറയാണ് ഗുരുവായൂരപ്പ യഥാർത്ഥത്തിൽ ഞാനും അങ് ഒന്നു തന്നെ യാതൊരു ബന്ധവും മോക്ഷവും ഒന്നും ഇവിടെ ഇല്ല അതൊക്കെ കൽപ്പനയാണ് ആത്മാനിത്യമുക്തമാണ് ഇവിടെ ബന്ധമേയില്ല മായ കൊണ്ടും അവിദ്യ കൊണ്ടും അങ്ങ് മായയെ വെച്ചുകൊണ്ട് കളിക്കുന്നു ഞാൻ അവിദ്യയിൽ കുടുങ്ങിയിട്ട് ജീവനാണെന്ന് ധരിച്ചിരിക്കുന്നു എന്നിട്ട് സുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ പെട്ടുകിടക്കും പക്ഷേ വാസ്തവ സത്യം അറിയുമ്പോഴോ ഭഗവാൻ വേറെയല്ല ഇതിനകത്തുള്ള ജീവൻ വേറെയല്ല മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവർക്ക് തത്പ്രാണദേഹവും അനിത്യം കളത്ര ധനം സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായനമാണ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ആൾക്ക് സ്വപ്നം ഒപ്പം അറിയണ പോലെ സത്യദർശിയായ ജ്ഞാനിക്ക് അപ്പൊ പ്രപഞ്ചവും മറിഞ്ഞു ജഗത്തും മറിഞ്ഞു ജഗത്തിനെ ഭരിക്കുന്ന ഒരാളും അറിഞ്ഞു ഒരേ ഒരു വസ്തുവേ ഉള്ളൂ രണ്ടില്ല പക്ഷെ അത് അറിഞ്ഞ ശേഷം ശരീരതലത്തിലേക്ക് വന്ന് വ്യവഹരിക്കുമ്പോ ജഗത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപവും താൻ കണ്ട ആത്മവസ്തു ഭഗവാനുമായി തീരുമ്പോ അവിടെ ഒരു ഭക്തിത്ഥം കല്പിതം ദ്വൈതം ഭക്തിക്കായി കൊണ്ട് ഒരു ദ്വൈതം ആ ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ ഭാഗവതധർമ്മം ഒന്നു പോകുന്നു അവിടെയാണ് ഭാഗവതധർമ്മം ആ ഭാഗവതധർമ്മത്തിന്റെ ലക്ഷണമാണ് ഭക്തിയോഗം എന്ന തലക്കെട്ടിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഗീതയിൽ പറയണത് ഭാഗവതധർമ്മത്തിന്റെ ലക്ഷണമാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ ജ്ഞാനിയുടെ ലക്ഷണമായിട്ട് പറയുന്നത് ഭാഗവതധർമ്മത്തിന്റെ ലക്ഷണമാണ് സ്ഥിരപ്രജ്ഞ യോഗമായിട്ടും പറഞ്ഞത് ഒക്കെ ഭാഗവതധർമ്മമായി ഭാഗവതം പറയുന്നു ഭക്തി എന്ന് പറയുമ്പോ ജ്ഞാനിയുടെ ഭക്തി അതാണ് ഉയർന്ന ഭക്തി ജഗത്ത് മുഴുവൻ ഭഗവാനായി കണ്ടുകൊണ്ട് ശരണാഗതി ഭാവം വരുന്നു ഇത് ഭാഗവതധർമ്മം ആ ജ്ഞാനിയുടെ ദർശനം സാധകന്മാർക്ക് വഴികാട്ടിയായും തീരുന്നു എന്തിനാണ് ജ്ഞാനിയുടെ ലക്ഷണത്തിനെയും ദർശനത്തിനെയും ഒക്കെ സാധാരണ ആളുകൾ അറിയണത് സാധാരണ ആളുകൾക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് വെച്ചാൽ ജ്ഞാനി പറയുന്നു ഇതൊക്കെ ഭഗവാനാണ് സകലതും വാസുദേവ സർവം എന്ന് പറയുമ്പോൾ അയാളുടെ ദർശനത്തിന്റെ ഒരു രസം നമുക്ക് അടുത്തിരുന്ന് പകർന്നു കിട്ടും അടുത്തിരുന്ന് അൽപം പകർന്നു കിട്ടും ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായി കാണുന്ന ജ്ഞാനിയുടെ ഭാവതലത്തിലേക്ക് സാധാരണ ആളുകൾക്ക് ഉയരാൻ വിഷമം ഉണ്ടെങ്കിലും കുറെ കഴിയുമ്പോൾ ആ രസം നമുക്ക് കുറച്ച് പകർന്നു കിട്ടും ചിന്മയാനന്ദ സ്വാമി അദ്ദേഹത്തിന്റെ ഗുരു തപോവൻ മഹാരാജിനെ പറയുന്നുണ്ട് തപോവൻ സ്വാമികൾ ഹിമാലയത്തിൽ പോയിട്ട് ചുവട്ടിലേക്ക് വന്നിട്ടേ ഒരു വ്യവഹാര കാര്യങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല അപ്പോ ഒരിക്കെ തപോവൻ തപോവനം മഹാരാജന്റെ കൂടെ ഇദ്ദേഹം പോകുമ്പോ സ്വാമി ചിന്മയാനന്ദൻ സന്യാസം എടുത്ത് അദ്ദേഹത്തിന്റെ ചുവട്ടിൽ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോ തപോവനസ്വാമികൾക്ക് എവിടെ നോക്കിയാലും എന്തു നോക്കിയാലും ഹിമാവൃതമായ മലകളും ഹിമാലയവും ഒക്കെ ബ്രഹ്മമാണ് അതൊക്കെ സ്വരൂപമാണ് അദ്ദേഹത്തിന്റെ ഹിമഗിരി വിഹാരം വായിച്ചാൽ നമുക്ക് കാണാം അദ്ദേഹം പറയണത് എനിക്ക് അസംപ്രജ്ഞാത സമാധിയൊന്നും ആവശ്യമില്ല എന്നാണ് കണ്ണു അടച്ചിരുന്നിട്ട് ഒരു സമാധിയൊന്നും ആവശ്യമില്ല കണ്ണു തുറന്ന് നിൽക്കുമ്പോൾ തന്നെ ബ്രഹ്മമാണ് ജഗത്ത് മുഴുവൻ പരമാത്മ സ്വരൂപമാണ് ഇത് ഉള്ളിൽ ആത്മദർശനം നേടിയ ജ്ഞാനിയുടെ ബാഹ്യദർശനമാണ് അദ്ദേഹം പാലക്കാട്ടിലെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞു എന്നിട്ടാണ് ഹിമാലയത്തിലേക്ക് പോയത് അതാണ് ഏറ്റവും നല്ല സന്യാസം അതിന് വിദ്വത് സന്യാസം എന്ന് പറയും ചാടികയറി ആദ്യം പഠിക്കാൻ വേണ്ടിട്ട് പുറപ്പെടുമ്പോ തന്നെ ഒരു സന്യാസത്തിനും പുറപ്പെട്ടിട്ട് അരയും കുറവായി പഠിച്ചിട്ട് സന്യാസധർമ്മത്തിനും മറ്റും ഒക്കെ അപകീർത്തി ഉണ്ടാക്കരുത് അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുമ്പോ തന്നെ ചുപ്പുകുട്ടീനായിരുന്നു പേര് അദ്ദേഹത്തിന് പാലക്കാട് സുബ്രഹ്മണ്യൻ എന്നാണ് പേര് അദ്ദേഹം എഴുതുന്നത് പക്ഷെ അവിടെയൊക്കെ വിളിച്ചിരുന്നത് അങ്ങനെയാണ് അദ്ദേഹം വീട്ടിലിരിക്കുന്ന കാലത്ത് തന്നെ കുറെ തപസ് കൊറേ കാലത്തെ തപസ്സിലൂടെ ഏകദേശം മുപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എല്ലാരും പഴയ മലയാളമാണ് വായിക്കാൻ കുറെ വിഷമാണ് എങ്കിലും കിട്ടുമെങ്കിൽ വായിച്ചു നോക്കുക ഈശ്വരദർശനം അഥവാ തപോവന ചരിത്രം മൃഗാനന്ദ സ്വാമിയാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ലളിതമായിരിക്കും സംസ്കൃതത്തിന് മലയാളത്തിലേക്ക് അതില് സ്വാമികൾ പറയുണ്ട് വീട്ടിലിരുന്ന് എങ്ങനെ സാധന ചെയ്തു എങ്ങനെ തപസ് ചെയ്തു എങ്ങനെ വേദാന്ത വിചാരം അത് കുറെ ശാസ്ത്രം പഠിച്ച ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഭാഷ മനസ്സിലാവുന്നു കുറച്ച് വിഷമുണ്ട് എന്നാലും അദ്ദേഹം ഗൃഹത്തിലിരിക്കുമ്പോ തന്നെ ആത്മവിചാരം ആഴത്തിൽ ചെയ്ത് സ്വയം ത്രിപുടി നീങ്ങിയ സത്യദർശനം ഉണ്ടായിട്ടുണ്ട് ആ സത്യദർശനത്തിനെ ദൃഢമാക്കി തീർക്കാൻ വേണ്ടി സന്യാസമൊക്കെ വാങ്ങിച്ച് അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയി എത്രയുള്ളൂ അവിടെ സകലതും ഭഗവത് സ്വരൂപമായി കണ്ട് അദ്ദേഹം ആനന്ദിച്ച് ചിലപ്പോഴൊക്കെ ഹിമവെട്ടാതെ ഹിമവാനെ നോക്കി കണ്ണീര് വിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ചിന്മയൻ സ്വാമി എഴുതിയിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല അദ്ദേഹം എന്താ കാണുന്നത് അദ്ദേഹത്തിന്റെ ഭാവം എന്താണ് അദ്ദേഹം എന്തിനെ കണ്ടിട്ടാണ് ഇത്ര ആസ്വദിക്കുന്നത് അദ്ദേഹത്തിന് ഇത്രയധികം രോമാഞ്ചം ഉണ്ടാവാൻ കാരണം എന്താ എന്നൊന്നും മനസ്സിലാവാതെ ഞാൻ അദ്ദേഹത്തിന്റെ പുറത്ത് പുറകെ നിൽക്കുമായിരുന്നു വാർദ്ധക്യമാവുമ്പോ വയസ്സുകാലത്ത് സ്വാമി ജിന്മാനന്ദൻ എഴുതിയ ആർട്ടിക്കളാണത് അതിൽ പറയുന്നു ഇപ്പൊ ഇപ്പൊ എനിക്ക് കുറച്ച് കുറച്ച് മനസ്സിലാവുന്നു അദ്ദേഹം എന്താണ് കണ്ടിരുന്നത് പുറത്ത് ആ ദർശനം അങ്ങനെ സകലത്തിലും ഭഗവാനെ കാണുന്ന ആ ദർശനം ജ്ഞാനികൾ നമുക്ക് പകർന്നു തരുമ്പോ നമുക്കത് ഉപാസനയായിട്ട് മാറും അവർക്കേത് സിദ്ധിയോ അവർക്കേത് സദാസഹജമോ അത് ഭക്തന് അഥവാ ആ സാധകന് ഉപാസനയായിട്ട് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നുമ്പോ ദേഷ്യപ്പെടരുത് അതിനകത്ത് ഭഗവാനുണ്ട് എന്ന് ഓർമ്മിക്കുകയാണ് പണ്ടത്തെ കാലത്ത് മുത്തശ്ശിമാര് കുട്ടികൾ നിലത്താഞ്ഞുന്ന് ചവിട്ടിയാൽ പറയും ഭൂമിദേവിയാണ് വെള്ളത്തിൽ തുപ്പിയാൽ പറയും തുപ്പരുത് ഗംഗയാണ് അനാവശ്യമായ ഒരു ചെടി പറിച്ചു കളയരുത് ഒരു പ്രാണിയെ ഹിംസിക്കരുത് എല്ലാട്ടിലും ഭഗവാനുണ്ട് ഇതൊക്കെ ിലും ഓരോ വീടുകളിലും സഹജമായി തീർന്നിരുന്നതാണ് ഈ ഭാഗവതധർമ്മം ഇതൊക്കെ ഇവിടുന്ന് വന്നു ഇതൊക്കെ ഈ ഭാഗവത കഥാശ്രവണം കൊണ്ടും രാമായണ കഥാശ്രവണം കൊണ്ടും അറിഞ്ഞും അറിയാതെയും മുത്തശ്ശിമാരിലും അവരും ഇവരിലും ഒക്കെ ചെവിയിലിറങ്ങി മുത്തശ്ശിമാര് വേണം കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞുകൊടുക്കാൻ മുത്തശ്ശിമാരെയൊക്കെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഉണ്ടാക്കിയാൽ പ്രഭാഷണം പ്രയോജനം ഉണ്ടാവില്ല അവരിലൂടെ വേണം കുട്ടികൾക്കിത് വരാൻ അങ്ങനെ ജനങ്ങളിൽ ഈ ഭാഗവതധർമ്മത്തിൻ്റെ അല്പരുചിയെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ ധർമ്മബോധം ഉണ്ടാവും അവർക്കിതിന് അനുഭൂതിയില്ലെങ്കിലും വ്യവഹാരം ഉണ്ടാവും അനുഭൂതിയില്ലെങ്കിലും വ്യവഹാരത്തിൽ ആരെയും ഹിംസിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നതൊക്കെ പോവുകയും ക്രമേണ ആ വ്യവഹാര ശുദ്ധി കൊണ്ട് തന്നെ പതുക്കെ അനുഭൂതി തലത്തിലേക്കുള്ള മാർഗം ലളിതമായിരിക്കുകയും ചെയ്യും അവിടെയാണ് ഇതൊക്കെ നമുക്ക് പരമ്പരയ ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട് പരമ്പരയാ മാംസഭക്ഷണം ഇല്ലാത്ത ഒരു പരമ്പര ആരെയും ഹിംസിക്കാത്ത ഒരു പരമ്പര ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടിയൊക്കെ ഇരിക്കുന്ന പരമ്പര അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അതിൽ മാർഗം ലളിതമാണ് പക്ഷെ അതിനെ ഉപയോഗപ്പെടുത്തണോ ഇല്ലയോന്നുള്ള കാര്യം പറയാം മാർഗം ലളിതമാണ് മുമ്പിൽ ഇങ്ങനെ തുറന്ന് കിട്ടിയിരിക്കുന്നു ഇതൊക്കെ പക്ഷെ ഇതാണ് ധർമ്മം ധർമ്മം എന്ന് വച്ചാൽ ഭഗവാനെ ഉള്ളിലുള്ള സത്യത്തിനെ കണ്ടെത്താൻ സത്യദർശികളായി ജ്ഞാനികൾ വഴി വെളിയിൽ നടത്തി കാണിച്ചിട്ടുള്ള വഴികളാണ് മാധർമ്മം നമുക്ക് അവർക്കത് സഹജമാണ് നമുക്കത് സാധനയാണ് നമുക്കത് മാഹിംസ്യാത് ആരെയും ഹിംസിക്കരുത് എന്നൊക്കെ ഉള്ളതൊക്കെ ധർമ്മമാണ് ആ ധർമ്മം ആളുകൾ അനുസരിക്കാതെ വരുമ്പോ ആസുരീഭാവം ജനങ്ങളിൽ കൂടുതലാവുമ്പോൾ കാമവും ക്രോധവും ലോഭവും മോഹവും മതവും ആശ്ചര്യവും കൂടുമ്പോ ധർമ്മത്തിന്റെ ട്രാക്ക് വിട്ടു പുറത്ത് ചവിട്ടുമ്പോൾ ധർമ്മം മുമ്പിൽ ചെയ്യില്ല വ്യാസഭഗവാൻ അതാണ് കരയുന്നത് ധർമ്മം പ്രസംഗാത് അഭിനാചരന്തി പാപം പ്രയത്നേന സമാചരന്തി ആശ്ചര്യമേതധി മനുഷ്യ ലോകെ അമൃതം പരിത്യജ്യ വിഷം വിബന്തി മഹാഭാരതത്തിൽ വ്യാസഭഗവാന്റെ വചനമാണ് ധർമ്മം എളുപ്പമായി മുമ്പിൽ വന്ന് നിന്നാലും ചെയ്യില്ല എന്നാണ് വിക്ഷകാരൻ നമ്മൾ തേടിക്കൊണ്ടുവന്നു പോകേണ്ട വീട്ടിന് മുമ്പിൽ വന്ന് നിക്കണു അയ്യാ എന്നെ ചൊല്ലുക ഒന്നുമില്ലേ ഇപ്പോ എവിടെ ഒന്നുമില്ല ചൊല്ലിട്ടേ ഒന്നുമില്ല കേടുത്ത് അഗ്രഹാരങ്ങളിലെല്ലാം ധർമ്മം പ്രസംഗാത പിരന്തി എന്തെങ്കിലുമൊക്കെ മുമ്പില് വരുമ്പോ എത്ര കൊടുക്കാൻ പോണോ നമ്മളല്ലേ ഒരു ഉറുപ്യ അതുകൂടെ സംശയം ചിലപ്പോ നമുക്ക് ഭഗവാൻ തരുന്നതിന് കണക്കില്ലല്ലോ കൃപാനന്ദ അറിയിരുന്നവരെ അവരൊരു കഥ ചൊല്ലുവരും ഒരു തമിഴില് പ്രഭാഷണം ചെയ്തിരുന്ന ഒരാളാണ് ഒരു മൃഗഭക്തൻ അദ്ദേഹം ഒരു കഥ പറയും ഒരാൾ തിരുത്തണിയില് മുരുകടുത്ത് പോയി ഒരു കുട്ടി സ്കൂളില് നല്ല മാർക്ക് കിട്ടണം എന്ന് മുരുകന്റെ അടുത്ത് പ്രാർത്ഥിച്ചു അപ്പോ നല്ല മാർക്കോടെ പാസ്സായി അത് കഴിഞ്ഞ് പത്താം ക്ലാസ്സില് നല്ല മാർക്കോടെ സ്കൂളിലേ ഫസ്റ്റ് ആയിട്ട് വരണം പ്രാർത്ഥിച്ചു പാസ്സായി നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്ന് പിന്നെയും പോയി പ്രാർത്ഥിച്ചു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി അവിടെയും ഫസ്റ്റ് ആയിട്ട് പാസ്സാവണം പ്രാർത്ഥിച്ചു ഫസ്റ്റ് ആയിട്ട് പാസ്സായി അതുകഴിഞ്ഞ് വലിയ ജോലി ആശിച്ച ജോലി തന്നെ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു ജോലി കിട്ടി നല്ല ശമ്പളം ജോലി കിട്ടിയ സ്ഥലം വേറെ എവിടെയോ ആണ് അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി ഇനിയിപ്പെന്താ നല്ല ജോലിയായി വീട്ടിൽ ട്രാൻസ്ഫറായി ഇനി തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് പ്രാർത്ഥിച്ചു കല്യാണം കഴിച്ചു പിന്നെ പറഞ്ഞു മുരുക എത്ര പ്രാവശ്യ കാലമായി ഞങ്ങളത് ഇങ്ങനെ രണ്ടുപേരും മാത്രമായി വരണം ഒരു കുട്ടി ഉണ്ടാവണം അത് ആൺകുട്ടിയായിട്ട് ജനിക്കണം പ്രാർത്ഥിച്ചു ആൺകുട്ടി ഉണ്ടായി ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് സുഭിക്ഷമായിരിക്കുമ്പോൾ നല്ല ശമ്പളമുണ്ട് നിറയെ പണമുണ്ട് കുടുംബമൊക്കെ നന്നായിരിക്കണോ അപ്പൊ ഇയാൾക്ക് കുറച്ച് ദാനം ചെയ്യണം എന്ന് തോന്നി അത്ര അപ്പൊ കയ്യിലെ ഒരു പെർസില് കുറേ ഒരു വെച്ച് എവിടെയോ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയോ പോകുമ്പോൾ കുറെ ഭിക്ഷക്കാരും എല്ലാവരും വരുമെന്ന് പറഞ്ഞു അപ്പൊ ആദ്യം ചെവി കേൾക്കാത്ത വന്നു ഒരു റുപ്യ കൊടുത്തു കണ്ണു കാണാത്തൊരുത്തം വന്നു അതിന് ഒരു ഉറുപ്യ കൊടുത്തു നടക്കാൻ വയ്യാത്ത ഒരാൾ നോണ്ടി നോണ്ടി വന്നു അയാൾക്ക് ഒരു റുപ്യ കൊടുത്തു ഊമ വർത്തമാനം പറയാ വയ്യാത്ത ആൾ വന്നു ഒരു റുപ്യ കൊടുത്തു വയസ്സായിട്ട് ഒരാൾ വന്നു ഒരു റുപ്യ കൊടുത്തു ഇങ്ങനെ കുറെ എണ്ണം എല്ലാവർക്കും പോരോ റുപ്യ കൊടുത്തു കൊടുക്കും കുറെ കഴിഞ്ഞപ്പോ ഈ വാങ്ങിയ ആള് തന്നെ ഒരാൾ തിരിച്ചു വന്നു ഏ നീയല്ല വാങ്ങിയത് കുറച്ചു മുമ്പ് ഒഴിച്ചു കോപിച്ചു അപ്പൊ അദ്ദേഹം പറയാണ് എല്ലാവർക്കും ദാനം കൊടുത്ത ആള് വാങ്ങിയവനെ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോ നിനക്ക് ദേഷ്യം വരണം ധർമ്മത്തിലാണോ കോപം ഇരിക്കണത് ഇതാണ് കൈതവധർമ്മം നീ പോയവനെ എത്ര പ്രാവശ്യം മുരുകന്റെ അടുത്ത് പോയി സ്കൂളില് പഠിക്കണ പാസ്സാകണ കാലം മുതൽ കുട്ടി ഉണ്ടാവണവരെ മുരുകന്റെ അടുത്ത് പോയാളെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ബോറടിക്കാതെ അനുഗ്രഹം ചെയ്തു അപ്പോ നിനക്ക് മാത്രം ഒരാൾ വാങ്ങിയ ആള് രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോഴേക്കും ധർമ്മമൊക്കെ പോയി ദേഷ്യം വരുന്നു കോപം വരുന്നു ധർമ്മത്തിൽ തന്നെ കോപമുണ്ട് ദ്വേഷം വരും കോപം ഇതാണ് കൈതവധർമ്മെന്ന് പറയുന്നത് നമ്മള് ഭഗവാന്റെ അടുത്ത് ഭഗവാൻ നമ്മളുടെ അടുത്ത് എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ നമുക്ക് ലോകത്തിനോട് ഇരിക്കാൻ കഴിയുമെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ ഒരിടത്ത് പറയുന്നു ഭഗവാൻ എങ്ങനെ മറഞ്ഞിരുന്ന് നമുക്ക് വേണ്ടതൊക്കെ തരുന്നുവോ അതുപോലെ മറിഞ്ഞിരുന്ന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം എന്നാണ് സമൂഹത്തിന് അല്ലാതെ മുമ്പിൽ വന്നിട്ട് പേപ്പറിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടല്ല ഭഗവാൻ എങ്ങനെ മറഞ്ഞിരുന്ന് എല്ലാം ചെയ്യുന്നുവോ അതുപോലെ മറഞ്ഞിരുന്ന് ലോകത്തിന് വേണ്ടതൊക്കെ ചെയ്തിട്ട് മറഞ്ഞു പോവുക അതാണ് ധർമ്മസൂക്ഷ്മം ആ ധർമ്മസൂക്ഷ്മം നമുക്ക് കാണിച്ചു മഹാത്മാക്കളൊക്കെ വന്ന് അവരുടെ ചരിയയെ കൊണ്ട് നമ്മളെ പഠിപ്പിക്കണത് ഈശ്വരൻ ഓരോ ജീവനിലും ഉണ്ട് എന്ന് അറിഞ്ഞുള്ള വ്യവഹാരത്തിന്റെ പേരാണ് ധർമ്മം പക്ഷെ ആ ധർമ്മം പ്രസംഗാത പിന്ന മുമ്പിൽ വന്നുപെട്ടാലും ചെയ്യുന്നില്ല പാപം ചെയ്യാൻ എളുപ്പമൊന്നുമില്ല മഹാബുദ്ധിമുട്ടാണ് ധർമ്മം ചെയ്യാൻ എന്താ വിഷമം ഒരാൾ ഒരു ഉറപ്പ് കൊടുക്കാൻ വിഷമൊന്നുമില്ല ഊണ് കൊടുക്കാൻ വിഷമമൊന്നുമില്ല വീട്ടിൽ പാചകം ചെയ്തിരിക്കും കുറച്ച് അരി അധികം കൊടുക്കണോ അത്രേ കൊടുത്താൽ വിഷമമൊന്നുമില്ല പക്ഷെ ഒരാളെ കുത്താനോ കൊല്ലാനോ ബസ്സിൽ കല്ലെറിയാനോ ഇതിലൊക്കെ ഒരുപാട് ആഫ്റ്റർ എഫക്ട് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യണു അതാണ് അത്രം പരിത്യജ്യ വിഷം പിബന്തി ഈ ആശ്ചര്യം എന്താന്ന് വെച്ചാൽ അമൃതം ഒരു പാത്രത്തിൽ കൊണ്ടുവച്ചാൽ അതിന് തൂത്തുകളഞ്ഞിട്ട് വിഷം വില കൊടുത്ത് വാങ്ങി കുടിക്കണമെന്ന് കിണറ്റിൽ വെള്ളം ഉണ്ടെങ്കിലും കുടിക്കാതെ പെപ്സിയും കൊക്കക്കോലയും ഒക്കെ വാങ്ങി കുടിക്കണ പോലെ അമൃതം പരിത്യജ്യ വിഷം പിബന്തി അമൃതത്തിനെ കളഞ്ഞിട്ട് വിഷം കുടിക്കുന്നു അപ്പൊ ഈ ഈ ഒരു സ്ഥിതി സമൂഹത്തിൽ അപ്പാടെ പരക്കുന്നതാണ് ധർമ്മഗ്ലാനി എന്ന് പറയണത് എന്നുവച്ചാൽ ഒരാൾക്ക് സ്വയം അധ്യാത്മപഥത്തിൽ സഞ്ചരിക്കണം എന്ന് വരുമ്പോ സമൂഹം അപുരുഷാർത്ഥ സംബന്ധിയാണെന്ന് കാണുന്നു അയാള് സമൂഹം പുരുഷാർത്ഥ സംബന്ധിയായിട്ടിരിക്കുകയാണെങ്കിൽ ആചാര്യസ്വാമികളുടെ വാക്കാണ് അപുരുഷാർത്ഥ സംബന്ധിനോയം ലോക സമൂഹം പുരുഷാർത്ഥ സംബന്ധിയായിട്ടിരിക്കുമ്പോൾ എനിക്ക് ആ മാർഗത്തിൽ നടക്കാൻ വിഷമമൊന്നുമില്ല എവിടെയും വേദം നട വേദഘോഷം നടക്കുന്നു ഒരിടത്ത് ഭഗവത്ഗീത വായിക്കുന്നു ശാസ്ത്രം പഠിച്ച ആളുകളുണ്ട് എല്ലാവരും അനുഷ്ഠാനത്തോടുകൂടെയിരിക്കുന്നു തപസ്സോടുകൂടെയിരിക്കുന്നു അതിന്റെ നടുവിൽ പോയാൽ വളരെ എളുപ്പത്തിൽ ഞാൻ മുന്നോട്ട് പോകും പക്ഷെ നോക്കുമ്പോൾ ഇവിടെ ഗവൺമെന്റിന്റെ നിയമവും കുടുംബ സാഹചര്യവും അടുത്തുള്ളവരും എല്ലാവരും ലോകമാണ് സത്യമെന്നും പണം സമ്പാദിക്കുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും ഭോഗമനുഭവിക്കലാണ് സുഖത്തിനുള്ള വഴിയെന്നും അതിന് വിപരീതമായിട്ട് ആരെങ്കിലും ഒക്കെ പോയാൽ അവൻ ഭ്രാന്തരാണെന്നും സമൂഹദ്വേഷിയാണെന്നും അവൻ സമൂഹത്തിന് സേവ ചെയ്യണമെന്നും അവനെയും കൺവിൻസ് ചെയ്ത് ഏകാന്ത പതികനായി ഭജനവും ഭക്തിയുമായി നടക്കുന്ന ആളെ കൊണ്ടുവന്ന് ആസ്പത്രിയും സ്കൂളും കെട്ടിച്ചാലേ അയാൾ ഭക്തനായും ജ്ഞാനിയായും ഞങ്ങൾ അംഗീകാരം കൊടുക്കുകയുള്ളൂ എന്നും അവരെയും ബോധിപ്പിച്ച് അവരെയും വഴിതെറ്റിച്ച് നമ്മളുടെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോ ധർമ്മഗ്ലാനിയായി ആസ്പത്രി വേണം സ്കൂള് വേണം എല്ലാം വേണം അതൊക്കെ ആരി ചെയ്യേണ്ടതാണ് ആർക്കാണോ ആവശ്യം ആ സമൂഹത്തിലുള്ളവർ അത് ചെയ്യണം എല്ലാം വേണം ഇഷ്ടാപൂർത്ത കർമ്മം എന്ന് ഋഷികൾ ഇതിനൊക്കെ വഴി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മളെ പോലെ പണം സമ്പാദിക്കുന്നു നമ്മൾ അതിനെ സമയം കണ്ടെത്തി ചെയ്യണം എത്രയോ ആ കോടിക്കണക്ക് മനുഷ്യരിൽ ഒന്നോ രണ്ടോ ആളുകളെ ഉണ്ടാവുള്ളൂ അധ്യാത്മമാർഗത്തിലേക്ക് വരുന്നവർ അവര് അധ്യാത്മമാർഗത്തിൽ ശുദ്ധമായി ഇരുന്ന് അന്തർമുഖമായി സത്യസാക്ഷാത്കാരം നേടിയാൽ ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടാവും അവരെയും തിരിച്ച് വലിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ അങ്ങനെ ഏകാന്തത്തിൽ ഇരുന്നാലൊന്നും പറ്റില്ല എവിടെ വരൂ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് ഉണ്ടല്ലോ ഇതാണ് മായേട് ജപ്പിടി വിത്തൈ ജപ്പിടി വിത്തൈ കറ്റി ഇപ്പടി മയക്കുവിട്ട് ഉരുപടും വിത്തൈ കാട്ട് അരുണാചല ഈ ഇന്ദ്രജാലം ഒക്കെ ഇട്ട് ഞങ്ങളെ കളിപ്പിക്കാതെ ഭഗവാനെ ഉരുപടും വിത്തൈ കാട്ട് അരുണാചല രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തരൂ ഭഗവാനെ രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നു തരൂ ഭഗവാനെ അപ്പൊ രക്ഷപ്പെടാൻ എവിടെയെങ്കിലുമൊക്കെ യോഗമുള്ള ഒരാൾ പക്വിയായ ഒരാൾക്ക് ആ പക്വമായ ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ വിഘ്നം വരുമ്പോ അയാളെ മുന്നോട്ടു പോവാൻ സമൂഹ നിയമവും കുടുംബവും അംഗീകരിച്ചിരിക്കുന്ന മൂല്യങ്ങളും വിദ്യാഭ്യാസ സമ്പ്രദായവും എല്ലാം വിരോധമായിട്ടിരിക്കുമ്പോ ഒരു ജീവൻ സ്വപ്രയത്നം കൊണ്ട് മുന്നോട്ടു പോവാൻ സാധിക്കാതെ വരുമ്പോ അതാണ് പ്രഹ്ലാദ ചരിത്രത്തിന്റെ രഹസെ ഭഗവാന്റെ അടുത്ത് ചെന്ന് പറയുന്നു ദേവന്മാർ ഭഗവാനെ ലോകത്തിലെ ഒരു രക്ഷയിലാണ് ഇരണ്യകശിപു എല്ലാത്തിനെയും നശിപ്പിച്ചിരിക്കുന്നു ഭഗവാനോട് ചെന്ന് ദേവന്മാർ പറഞ്ഞതാണ് ഹിരണ്യ കശുപ് എല്ലാത്തിനെയും പിടിച്ചടക്കിയിരിക്കുന്നു ഇതൊക്കെ നിങ്ങൾ കഥയായിട്ട് നോക്കിയാൽ മനസ്സിലാവില്ല ദേവന്മാർ എന്ന് വെച്ചാൽ പ്രകൃതിയിലുള്ള എലമെന്റ്സ് ആണ് ഭൂതങ്ങളാണ് ജലമും അഗ്നിയും വായുവും പ്രപഞ്ചത്തിന്റെ ദിഗ്ദേവതകളും ഒക്കെ ഇവിടെ ഉണ്ട് ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ സ്വതന്ത്രമായി നമ്മളെക്കാളും ബുദ്ധിയും ജ്ഞാനശക്തിയും പരിപാലനധർമ്മവും ഒക്കെ ഉണ്ട് ഇതൊന്നും നമുക്ക് കാണാനുള്ള ശക്തിയിൽ ഉള്ളൂ ആ ദേവതകൾ ഭഗവാനോട് ചെന്ന് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ അവരുടെയൊക്കെ കേന്ദ്രമായ വസ്തുവിനോട് തപസ്സുകൊണ്ട് യാചിക്കുകയാണ് ഞങ്ങൾക്കൊന്നും ഇരിക്കപ്പെടുത്തിയില്ല ഇയാൾ എല്ലാ ലോകവും പിടിച്ച് തന്റെ കൈവശപ്പെടുത്തി വച്ചിരിക്കുന്നു ഇയാൾ ആരാണ് ഈ രണ്ണി കശിപ്പു പറഞ്ഞാൽ ആധുനിക ശാസ്ത്രമാണ് എല്ലാത്തിനെയും ഹാംപർ ചെയ്തിരിക്കുകയാണ് എല്ലാത്തിൻ്റെ ഉള്ളിലേക്കും കൈ കടത്തുകയാണ് അതിൽ പരിശുദ്ധമായ മോട്ടീവുമില്ല എല്ലാത്തിനും ഭൂമിയെ തുറന്നുകൊണ്ട് പോവുകയാണ് ഉള്ളിലേക്ക് ഇപ്പൊ രണ്ടായിരം കിലോമീറ്ററോ മറ്റോ തുറക്കാൻ പോണൂ ഭൂമി ഉള്ളില് സമുദ്രത്തിന്റെ ഉള്ളില് എന്തിനാന്ന് വെച്ചാൽ ഭൂമിയെ ഗവേഷണം ചെയ്യാൻ എന്താവും ഒത്തിരി ബുദ്ധിയുള്ള ആൾക്കറിയാം ദ്രോഹമാണതെന്ന് ആകാശത്തിൽ മുഴുവൻ പല സാധനങ്ങളും കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ നമ്മൾ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കൈകൊട്ട് കാണും എന്തോ വലുതായിട്ട് ചെയ്തു ചെയ്ത പോലെ ഇങ്ങനെ അന്തരീക്ഷത്തിന്റെ താളം മുഴുവൻ തെറ്റിക്കുകയും പർവ്വതങ്ങളൊക്കെ ജെ വെച്ച് ഇടിച്ചു പൊടിച്ച് പരത്തി കെട്ടിടങ്ങളായി പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ കഴിയുമ്പോൾ പ്രകൃതി ആകപ്പാട താളം തെറ്റി കഴിയുമ്പോൾ മനുഷ്യൻ അംഗീകരിച്ചിരിക്കുന്ന ജീവിത പദ്ധതിക്കും സ്വഭാവത്തിനുമൊക്കെ മാറ്റം വന്നിരിക്കുകയാണ് നമ്മൾക്ക് ഈ കൊച്ചിയിലും മട്ടാഞ്ചേരിയിൽ അഗ്രഹാര പ്രതീതി ഉള്ള മനസ്സിലാവില്ല ബോംബെയിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ന്യൂസ് ഒന്ന് വായിച്ചു നോക്കുക ആളുകളുടെ മനസ്സ് പോണ പോക്ക് കാണാം ആധുനിക ജനതയുമായി അല്പം മിക്സ് ചെയ്ത് നോക്കുക അവരുടെ ബുദ്ധി പോണപോക്ക് കാണാം അതായത് കടയ്ക്ക് മഴ വെക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ബുദ്ധിയുടെ മണ്ഡലത്തിൽ നടന്നിട്ടാണ് സ്ഥൂല മണ്ഡലത്തിൽ ബുദ്ധിയുടെ മണ്ഡലത്തിൽ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നുവെച്ചാൽ പരിശുദ്ധി എന്നുള്ളത് പഴഞ്ചൻ സമ്പ്രദായമാണെന്നും തോന്നിയ പോലെ നടക്കുന്നതാണ് ബുദ്ധിയെന്നും ആളുകളുടെ ഉള്ളിൽ ഇഞ്ചക്ഷൻ ചെയ്ത് കയറ്റുക ഇനി ഇതൊക്കെ ചെയ്തിട്ടും പഴയ സമ്പ്രദായം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരെ പിടിച്ചടക്കാൻ ജനിച്ച ഉടനെ ചിലതൊക്കെ കുത്തിക്കേറ്റിയിട്ട് മാറ്റാനും ഒക്കെ തീരുമാനമുണ്ട് ച്ചാൽ അവർ വിചാരിച്ചാൽ പോലും പവിത്രമായിട്ടും തപസോടുകൂടിയും ഭഗവതാരാധനയോടുകൂടിയും ശുദ്ധമായിട്ടും ഇരിക്കാൻ പറ്റും ഇങ്ങനെയുള്ള സമ്പ്രദായത്തിനാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുട്ടികളെയൊക്കെ പഠിക്കാൻ സ്കൂളിലേക്കൊക്കെ അയക്കുന്നത് ഇതാണ് ധർമ്മഗ്ലാനി എന്ന് പറയുന്നത് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചോദിക്കും ചോദിക്കുമ്പോൾ ഉത്തരം ഇത്രയേ ഉള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഫ്ളൈറ്റിൽ പോകുമ്പോൾ ഒരാൾക്ക് പുറത്ത് ചാടാൻ പറ്റില്ല ഫ്ളൈറ്റ് തലകീഴാവുമ്പോ എല്ലാം കൂടെ പോകും തന്നെ ആ സ്ഥിതിയിൽ എന്തു ചെയ്യാൻ പറ്റും ആരാണോ ഇതിന് സകലത്തിനും മൂലകാരകനായിട്ടുള്ളത് ഋഷികൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെയാണല്ലോ ഋഷികൾ ഭഗവാനെ വിളിക്കണത് അവർക്ക് താപം മാത്രമാണ് ഉള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഭഗവാന് സഹജമായിട്ട് വേണമെങ്കിൽ പോലും ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ ഭഗവാന് എവിടെയാതിന് സ്വാതന്ത്ര്യം അപ്പോഴാണ് എല്ലാ ദേവതകളും പോയി ഭഗവാന്റെ മുമ്പിൽ ചെന്ന് യാചിച്ചു എന്ന് പറയണത് ഇരണ്യകശിപുവിനെ കുറിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്ന് അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ പറയുന്ന ഒരു വാക്കുണ്ട് ഭാഗവതത്വം ഇതൊക്കെ നമുക്ക് സിനിമയും മറ്റൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന ഭാവന വൈകുണ്ഠത്തിൽ പോയി അവിടെ ഒരു സ്ക്രീൻ തുറന്നു അവിടെ വിഷ്ണു കടക്കുന്നു ഇവരൊക്കെ പോയി ഓരോരുത്തർ ഓരോ വേഷം കെട്ടി നിൽക്കണം ഭാവനയൊക്കെ വരും പക്ഷേ താത്വികമായി അറിഞ്ഞാൽ സകല പ്രാണികളും യാചിക്കുമ്പോ ഭഗവാന്റെ വചനം എന്തിന് വിഘ്നം വരുന്നതും ഞാൻ സഹിച്ചുകൊള്ളാം കുറെ കാലം ഇതൊക്കെ പോട്ടെ പ്രഹ്ലാദായ യഥാ ദുഹ്യേത് ഹനുഷ്യേപി വരോർജിതം എന്നാണ് അവൻ വരം വാങ്ങിച്ചിട്ടുണ്ട് അവനെ അകത്ത് കൊല്ലാൻ പറ്റില്ല പുറത്തു കൊല്ലാൻ പറ്റില്ല എന്നുള്ള വരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴാണോ ഇവൻ പ്രഹ്ലാദന്റെ മേലെ കൈവെക്കുന്നത് പ്രശാന്തായ സ്വസുതായ മഹാത്മനെ എന്നുവച്ചാൽ അധ്യാത്മ ജീവിതത്തിൽ തടസ്സം വരുമ്പോ മഹാത്മാക്കളുടെ ജീവിതത്തിനും സാധുക്കളുടെ ജീവിതത്തിനും ഭഗവാന് ശരണാഗതി ചെയ്തിട്ടുള്ള ജീവിത സാധുക്കളുടെ ജീവിതത്തിനും വിഘ്നം വരുമ്പോ അപ്പൊ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പോഴാണ് പ്രപഞ്ചത്തിന്റെ അന്തരാത്മാവ് ഇളകുന്നത് അപ്പോഴാണ് ഭഗവാന് അവതാരം എടുക്കേണ്ടി വരുന്നത് അതാണ് അവതാരണത്തിന്റെ ഘട്ടം അപ്പൊ ധർമ്മഗ്ലാനി മൂർച്ഛിക്കുമ്പോ ധർമ്മത്തിന് ധർമ്മമനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാതെ വരുമ്പോ അപ്പൊ ഭഗവാൻ വരാതിരിക്കാൻ നിവൃത്തിയില്ല സ്വേച്ഛയാ എത്രയോ ആളുകളുടെ ഉള്ളിൽ ഈ ഭഗവാനുണ്ടല്ലോ ഭഗവാൻ എവിടെന്നോ വരുമല്ല എത്രയോ ആളുകളുടെ ഉള്ളിൽ ഈ അന്തർയാമി എത്രയോ ആളുകളുടെ ഉള്ളിലുണ്ടായ സമ്മർദ്ദത്തിന്റെ ഫലമായി ദുഃഖത്തിന്റെ ഫലമായി പ്രാർത്ഥനയുടെ ഫലമായി കരച്ചലിന്റെ ദുഃഖത്തിന്റെ വിഷമത്തിന്റെ ഫലമായി പ്രത്യേക ഒരു രൂപം ധരിച്ച് ഇവരുടെ ഒക്കെ തപസ്സിനെ തന്നെ കൈവശം എടുത്തുകൊണ്ട് പുറത്തു വരും സ്വേച്ഛോപാത്ത പൃഥക്വ അങ്ങനെയാണ് മൂർത്തിമത്ഭാവം മൂർത്തി മൂർത്തരൂപം കൊണ്ട് പുറത്തു വരുന്നത് അതാണ് അടുത്ത ശ്ലോകം നൂക്ക പ്രസിദ്ധമായ ശ്ലോകം